ഇവിടെ ലൗകികമായി ഭാഷയെ ഉപയോഗിക്കുമ്പോഴും ആദ്യത്തെ ഇമ്പോർട്ടൻസ് അഹിംസക്കാണ് മനസ്സിൽ വികല്പം ആളുകളുടെ മനസ്സിൽ വേണ്ടാത്ത ചിന്തകൾ കൊണ്ടുവരുത് സത്യം പറയണം പക്ഷെ സത്യം പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ വികല്പം ഉണ്ടാവുമെങ്കിൽ മൗനമായിട്ടിരിക്കാം ചിലടത്ത് സത്യം പറഞ്ഞാൽ ധർമ്മമാണെങ്കിൽ പോലും അവർ സ്വീകരിക്കില്ല എന്ന് മാത്രമല്ല അതിന്ന് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും വിതുരൻ മഹാഭാരതത്തിലെ ഏത് സന്ദർഭത്തിൽ എഴുന്നേറ്റിൽ നിന്ന് സത്യം വിളിച്ച് പറഞ്ഞയാളാണ് സഭയില് അവസാനം താൻ പറഞ്ഞത് ഇവരൊന്നും കേൾക്കണില്ല ഒരു പ്രയോജനമില്ല എന്ന് കണ്ടപ്പോഴാണ് ഇറങ്ങി അവധൂതനായിട്ട് പരിപ്രാജകനായിട്ട് പുറപ്പെടും അപ്പൊ അനുദ്ഗകരം വാക്യം ദൃഷ്ടാ ദൃഷ്ടാർ അനുദ്ഗകരവാദ്യം വിശേഷ്യത്തെ വിശേഷണധർമ്മസുച്ഛയാർ ശബ്ദകരം ം ഒറ്റ വാക്കാണ് അതായത് ചിലത് ഹിതമായിട്ടേ ഇരിക്കില്ല പ്രിയമായിട്ടിരിക്കും ഒരു ഡോക്ടറുടെ അടുത്ത് പോകുമ്പോ ഒരാള് ഡയബറ്റിക് പേഷ്യന്റ് ഒരു ഡോക്ടറുടെ അടുത്ത് പോണ് ഈ ഡോക്ടർ നല്ല ഡോക്ടർ ആട്ടോ എത്ര വേണമെങ്കിൽ കഴിച്ചോളാം പറഞ്ഞു ഡോക്ടർ തീരുമാനിച്ചു ഇയാൾ പഞ്ചസാര കഴിക്കരുതെന്ന് പറഞ്ഞ ഇയാൾ ഇനി എന്റെ അടുത്ത് വരില്ല അതുകൊണ്ട് ഗുളിക കഴിച്ചോളൂ എത്ര വേണമെങ്കിൽ പഞ്ചസാര കഴിച്ചോളൂ തട്ടിപ്പോയാ അപ്പോ പ്രിയമ ഹിതമല്ല പ്രിയമാണോ അനുദ്വേഗം ഉദ്വേഗം ഉണ്ടാവരുത് അപ്പൊ പുറകെ അറിവാണ് അയാളുടെ അടുത്ത് പറഞ്ഞു മനസ്സിലാക്കി നിങ്ങൾക്ക് നല്ലതിന് വേണ്ടിയാണ് ഞാൻ പറയണത് നിങ്ങളുടെ അടുത്ത് നോണു പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ ഇത് ഇന്നത് കഴിക്കരുത് രീതിയിൽ ഇരിക്കണം എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണമെങ്കിൽ നമ്മൾ ശാസ്ത്ര ഉണ്ട് ഞാൻ പറയേണ്ടതൊക്കെ പറഞ്ഞു ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ ആവാം ഭഗവാൻ തന്നെ ഗീതയില് എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു ഈ അഹങ്കാരികൾ പലപ്പോഴും ഇവൻ പറഞ്ഞിട്ട് ഞാൻ എന്തിനാണ് കേൾക്കേണ്ടത് എന്ന് അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു വിമർശിച്ചത് അശേഷേണ് യഥേച്ഛസി നല്ല വേണം ചിന്തിച്ചു നോക്കിട്ട് എനക്ക് എന്താ വേണ്ടെന്നു വെച്ചാൽ ചെയ്തോളൂതം ചെയ്യത് സ്വാധ്യായ അഭ്യസനം ചെയ്വ വാങ്്മയം തപോച്യത്തെ സ്വാധ്യായം നമ്മൾ ആദ്യ പറഞ്ഞു അല്ലേ തപഹ സ്വാധ്യായോ അഭ്യസനം ചെയ്വ സ്വാധ്യായം എന്ന് പറഞ്ഞാൽ അവരവർക്ക് ഉള്ള ശാസ്ത്രത്തിന് നിത്യം പാരായണം ചെയ്യ അധ്യയനം ചെയ്യ ആദ്യം തന്നെ നമ്മൾ അത് വിസ്തരിച്ചു കഴിഞ്ഞു ആ പാരായണം ചെയ്യൽ തന്നെ ഒരു തപസ്സാണ് അഭ്യസനം എന്നിവിടെ പറയണത് ജപം മന്ത്രജപം ഭഗവൻ നാമ ജപം സന്ധ്യാവന്തനാദികളാ ഉള്ളവാൾക്ക് ഗായത്രി വേദാധ്യയനം പണവാൾക്ക് അവവാൾക്ക് ദിനമു പണ വേണ്ടിയ വേദഭാഗത്തെ ചല്റത് ഇതെല്ലാം സ്വാധ്യായം അന്ത സമയത്തിൽ പണ വേണ്ടിയ ജപം വന്ന് അഭ്യസനം ഇത് നിത്യം വിടാമ പരിക്കേ ഇത് വാങ്മയമാണ് തപസ്വാധ്യം തപ ഉച്ച അഭ്യാസം എന്ന് പറഞ്ഞാൽ മറ്റൊരു കാര്യം യോഗമാണ് യോഗം ചനുതിഷ്ഠ തേ ശ്രേയോ ഭവിഷ്യോ അഭ്യസം എന്താ അഭ്യാസനു കൗന്യ വൈരാഗ്യേണ ചൃഹ്യത്തെ അഭ്യാസ വൈരാഗ്യാഭ്യാം തന്നിരോധ എന്നൊക്കെ മുമ്പ് പറഞ്ഞു ആറാം അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു കൃഷ് അർജുനൻ പറഞ്ഞു ഭഗവാനെ മനസ്സ് വളരെ ചഞ്ചലമാണ് ചഞ്ചലം ഹി മനഃകൃഷ്ണ പ്രമാധി ബലവദ്രം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം ഭഗവാനെ മനസ്സ് വളരെ ചഞ്ചലമാണ് പിടിച്ചാൽ നിൽക്കണില്ല ഭഗവാൻ പറഞ്ഞു അങ്ങനെ തന്നെ അർജുന അസംശയം മഹാബാഹു രാമകൃഷ്ണ പരമവംസരുടെ ഒരു ശിഷ്യൻ അയാൾക്ക് മനസ്സിൽ എന്തോ ഒരു ചീത്ത വിചാരം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചില വിചാരങ്ങൾ വന്ന് ഡിസ്റ്റർബ് ചെയ്യണം വളരെ വിഷമായി വിഷമായിട്ട് ആരുടെക്കോ പോയി പറഞ്ഞു നോക്കി അങ്ങനെ ഒരു വിചാരം ഒന്നും വരാൻ പാടില്ല ഇതൊക്കെ വളരെ മോശമാണ് ഇന്നെ സാധന ചെയ്യണം ഇങ്ങനെ ചെയ്യണം അത് ചെയ്യൂ ഒക്കെ പറഞ്ഞ് വളരെ വിഷമിച്ച് ശ്രീരാമകൃഷ്ണദേവന്റെ അടുത്ത് വന്നു വളരെ അയാളെ കണ്ടാൽ തന്നെ വളരെ പരിപ്രമിച്ചിരിക്കുക അയാള് പറഞ്ഞു ടാക്കൂർ മനസ്സിൽ എനിക്കൊരു കാര്യം തനിയെ സംസാരിക്കണമെന്ന് അടുത്ത് പോയിട്ട് എന്റെ മനസ്സിൽ ഇങ്ങനൊരു വിചാരം വന്നുകൊണ്ടേയിരിക്കണു ഞാൻ വളരെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുക രാമകൃഷ്ണദേവൻ പറഞ്ഞു കുട്ടി എനിക്കും അങ്ങനെയൊക്കെ ഉണ്ട് ചിലപ്പോ എന്റെ മനസ്സില് ആ കുഴങ്ങിന് വിചാരമൊക്കെ വരും അതൊക്കെ ഭഗവൻ നാമം ജപിച്ചാ പോകും ആ ശിഷ്യൻ പറയാണ് ഗുരുദേവൻ ശരിക്കും പറഞ്ഞതാണോ എന്തോ എനിക്കറിയില്ല പക്ഷെ അത് എന്റെ അടുത്ത് പറഞ്ഞതോടുകൂടെ എന്റെ മനസ്സങ്ങനെ ശാന്തായി ഞാൻ വിചാരിച്ചു ഞാനാണോ ഒരു വലിയ കുറ്റക്കാരൻ വലിയ ദോഷത്തിൽ ഇരിക്കണമെന്നോന്നു ഇത്ര വലിയ ആള് എന്റെ അടുത്ത് പറഞ്ഞു എന്റെ മനസ്സിലും ചിലപ്പോ അങ്ങനത്തെ വിചാരങ്ങളൊക്കെ വരും ഒന്നും സാരല്ല എന്ന് പറഞ്ഞതോടുകൂടെ ഞാൻ അങ്ങനെ ശാന്തായി പോയിരുന്നു അതുപോലെയാണ് ഭഗവാൻ അർജുനന്റെ അടുത്ത് അസംശയം മഹാബാഹോ എന്ന് പറയണം സംശയമില്ല അർജുന അടക്കം വളരെ ബുദ്ധിമുട്ടുള്ളതാണ് വിഷമുള്ളതാണ് സംശയമില്ല പക്ഷേ അഭ്യാസേന തുകൗന്തേയാ വൈരാഗ്യേണ ച ഗൃഹ്യത്തെ വീണ്ടും വീണ്ടും മനസ്സിനെ ഭഗവാന്റെ രൂപത്തിലോ നാമത്തിലോ ഇഷ്ടദേവതയുടെ രൂപത്തിലോ അഥവാ നേരിട്ട് ആത്മസ്വരൂപത്തിലോ നിർത്തി നിർത്തി അവരുടെ യോഗ്യതക്കനുസരിച്ച് പരിശീലിച്ചുകൊണ്ടേയിരുന്നാൽ കാലേനേഹ മഹതാ കുറച്ചു കാലം കഴിയുമ്പോ ദീർഘകാല നൈരന്തര്യ സത്കാരാസേവിത്തോ ദൃഢഭൂമി ദീർഘകാലം നിരന്തരം കുറച്ച് കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ചെയ്യുമ്പോ നമുക്ക് പെട്ടെന്ന് ഇഫക്റ്റ് ഒന്നും അറിയില്ല പക്ഷെ കുറച്ച് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോ ഡീപ്പായിട്ട് ഒരു ഒരു ട്രാൻസ്ഫർമേഷൻ കാണും ഒരു വ്യത്യാസം കാണും പെട്ടെന്നൊന്നും പുറത്തേക്ക് അറിയില്ല പക്ഷെ കുറച്ചു കഴിഞ്ഞിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കാണാം ഒരുപാട് ദൂരം വന്നിരിക്കണമെന്ന് കാണും അങ്ങനെ അഭ്യാസം എന്ന് പറയുന്നത് പൗനപുണ്യേന ആവർത്തനം വീണ്ടും വീണ്ടും ആവർത്തിരസകൃതുപദേശാദ് എന്ന് വ്യാസഭഗവാൻ ബ്രഹ്മസൂത്രത്തിലൊരു സൂത്രം തന്നെ വെച്ചു ആവർത്തി വീണ്ടും വീണ്ടും വീണ്ടും വീണ്ടും അസകൃത്ത് എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യമല്ല ജപം എത്ര പ്രാവശ്യം വീണ്ടും വീണ്ടും വീണ്ടും വീണ്ടും ജപം എളുപ്പത്തില് വിചാരിച്ച ഉടനെ നടക്കില്ല ഒരു രാജാവ് പറഞ്ഞു നാല് വേദമും പഠിച്ചിട്ടുള്ള ആൾക്ക് ഈ ദാനം തരപ്പെടും എന്ന് പറഞ്ഞു ഇപ്പൊ ഉടനെ അവിടെ കുന്തം പിടിച്ച് നിക്കുന്ന ആണ് കൈ നീട്ടേ എനിക്ക് തരൂ നാല് വേദമ പഠിച്ചവന്ന് കയ്യതാല്ട്ടു അത് കൂടെ അവതം എന്ന് വേദം നാല് തെരഞ്ഞുണ്ടാച്ച കൊടുക്ക ഇപ്പി കിടച്ചിടുമാ അത് എന്നിരുക്കോ അത് പഠിച്ച് അധീതി ബോധ ആചരണ പ്രചരണം അനുദ്വേഗകരം സ്വാധ്യസനം സ്വാധ്യയാഭ്യസനം സ്വാധ്യായവും അഭ്യസനവും സ്വാധ്യായം നിത്യം ോതൃ മത് സത്യവാക്യം അനുദ്ഗകരം പ്രിയഹിതം യത് പരമം തപാവാങ്മയം യഥാത്തോഭവത്സ സ്വാധ്യോകം ചുതിഷ്ടേ ശ്രേയോ ഭവിഷ്യ പക്ഷ്യക്കാരൻ ഇവിടെ വളരെ മധുരമായിട്ട് അധികം വാക്കൊന്നും ഗീതയിൽ ഉപയോഗിക്കുകയില്ല കുറച്ച് വാക്ക് മാത്രമേ വ്യാഖ്യാനുള്ളൂ അധികവും അങ്ങനെ വാക്യാർത്ഥം പറഞ്ഞു പോകും പദാർത്ഥം പറഞ്ഞു പോകും ഇപ്പൊ ഇവിടെ പറയാണ് കുഞ്ഞേ ഈ വാങ്മയ തപസ് മാത്രം ആചാര്യസ്വാമിക്ക് ഒരു സ്പെഷ്യൽ ഒരു രുചി വന്ന പോലെ യത് സത്യം വാക്യം അനുദ്വേഗകരം പ്രിയഹിതം ചെയ്യത് തത് പരമം തപഹ വാങ്മയം വാങ്മയമായ പരമതപസ് എന്താണ് സത്യമായ വാക്യം ആ മനസ്സിൽ വികല്പുണ്ടാകാത്ത വാക്യം പ്രിയമായ വാക്യം ഹിതമായ വാക്യം അത് പരമം തപഃ്മ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വാക്ക് ഉപയോഗിച്ചിട്ട് കുഴപ്പം വരുമ്പോ ജാഗ്രതയായിക്കൊള്ളും വാങ്മയ തപസ് അതുകൊണ്ട് ജ്ഞാനികൾ പ്രത്യേകിച്ച് അനാവശ്യമായ വാക്കു പറയില്ല അറിയാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയാൽ ചിലപ്പോൾ സംഭവിച്ചു പോവും അതുകൊണ്ട് തന്നെ വാക്കിനെ ഒരു തപസ്സായിട്ട് വെച്ചുകൊണ്ടേരും ചീത്ത കാര്യങ്ങൾ പറയാ ചീത്ത കാര്യങ്ങളെ മുൻകൂട്ടി കണ്ട് വായുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുകയൊക്കെ ചെയ്തു പോയാൽ കുഴപ്പമായി പോവും അതുകൊണ്ട് വാങ്മയം തപഹാം യഥാശാന്തോഭവ സ്വാധ്യം യോഗം അനുതിഷ്ഠ ഇങ്ങനെ ശാന്തനായിട്ട് സ്വാധ്യായം ചെയ്യൂ അഭ്യസനത്തിന് ആചാര്യസ്വാമി ഇവിടെ യോഗം എന്ന് പറഞ്ഞു ജപം അഭ്യാസമാണ് ജപവും യോഗാണല്ലോ ജപയോഗം ജപേ നിഷ്ഠ ജപേ നിഷ്ഠ യോഗത്തിലെ നിഷ്ഠ ജ്ഞാനത്തില് നിഷ്ഠ സ്വാധ്യായ നിഷ്ഠ അനുഷ്ഠാനത്തിലെ निष्ठा, അവസാനം ആത്മജ്ഞാന निष्ठा അപ്പൊ സ്വാധ്യായം ചെയ്തുകൊണ്ട് യോഗാനുഷ്ഠാനവും ചെയ്തുകൊണ്ട് കുട്ടിക്ക് അങ്ങനെ ഇരുന്നാൽ എന്താവും ശ്രേയോ ഭവിഷ്യത്തി നിനക്ക് പരമമായ ശ്രേയസ് മംഗളമുണ്ടാവും എന്ന് പറഞ്ഞു നീ അടുത്തത് നോക്കാം മനഃപ്രസാദ സൗമ്യത്വം तपो മൗനമാത്മവിനിഗ്രഹസംശുദ്ധി തപോ മാനസുത്തെ മനസി സ്വച്ച മനസ്സിന് ഒരു പ്രസന്നത വര ഉറങ്ങുമ്പോ സുഷുപ്തിയിലെ ഒരു പ്രസന്നത വരണം ഒരു ചിത്തവൃത്തികളുമില്ല ഞാൻ നീ അവൻ ഒന്നുമില്ല പ്രപഞ്ചമില്ല എഴുന്നേക്കുമ്പോ സുഖം വീണ്ടും ഉറങ്ങിയാ വേണ്ടില്ല അതുകൊണ്ട് ആ വസ്തുക്ക് വേദം ഉപനിഷത്ത് പറഞ്ഞു സമ്പ്രസാദ അതിൽ നിന്ന് തന്നെ യോഗികൾ മനസ്സിലാക്കിയിട്ട് എന്തു ചെയ്തു മനസ്സ് വെളിയിൽ പോവാതെ ഉള്ളിൽ തന്നെ ഇരുത്തിയാൽ പ്രസന്നമാവും ഹ്യേ നിരുദ്ധേ മനസ പ്രസന്നനഃ പ്രസ പരമാത്മദർശന തസ്ൻ സുദൃഷ്ടേ ബവന്ധനശിർ പദവീ വിമുക്ാഹ്യേ നിരുദ്ധേ മനസ പ്രസന്ന വെളിയില് പോവാതെ മനസ്സിനെ നിരുദ്ധമാക്കി സ്വരൂപത്തിൽ നിർത്തി വെളി വിഷയങ്ങളില് ബാഹ്യ മനസ്സിനെ അഭ്യസിപ്പിച്ചാൽ മനസ്സ് പതുക്കെ പതുക്കെ കാലം കൊണ്ട് തെളിഞ്ഞു തെളിഞ്ഞു തെളിഞ്ഞു വരും മനസ്സ് തെളിഞ്ഞാൽ പരമാത്മദർശനം ഭഗവത് ദർശനം ഉണ്ടാവും ആത്മദർശനുണ്ടാവും നല്ലവണ്ണം ആ ദർശനം ഉണ്ടായാലോ ഭവബന്ധമുക്തി സംസാര ബന്ധ വിച്ഛേദം അതുകൊണ്ട് ആദ്യത്തെ പടിയായിട്ട് മനഃപ്രസാദ സ്വച്ഛതാപാദനം മനസ്സിന് ഒരു സ്വച്ഛത കൊണ്ടുവരാ അപ്പൊ വെറുപ്പുണ്ടായ സമാധാനം ആളുകള് ചിലരൊക്കെ ചോദിക്കണേ ലോകത്തിനെയൊക്കെ ഉപദ്രവിച്ചുകൊണ്ട് പല വിധത്തിലെ അക്രമങ്ങൾ കാണിച്ചുകൊണ്ട് മറ്റുള്ളവരെ പറ്റിച്ചുകൊണ്ട് ചതിച്ചുകൊണ്ട് അപഹരിച്ചുകൊണ്ടൊക്കെ ചില ആളുകൾ ഇരിക്കണു അവർക്കൊന്നും ഒരു കുഴപ്പമില്ലല്ലോ സ്വാമി ഞാൻ ചോദിക്കണത് അവരൊക്കെ നന്നായിട്ടിരിക്കണമല്ലോ നിങ്ങൾ നന്നായിരിക്കണു എന്ന് പറഞ്ഞാൽ അവർ വലിയ വീട് കെട്ടിയിരിക്കണു കാറ് വെച്ചോണ്ടിരിക്കണു ഇത്രയൊക്കെയല്ലേ നിങ്ങളുടെ നന്മ അയാൾ ഈ ചെയ്യണത് അതിനേക്കാളും വലിയൊരു പനിഷ്മെന്റ് ഒന്നും അയാൾക്ക് വേണ്ട അയാൾ ഈ ചെയ്യണതും ചിന്തിക്കുന്നതും വഞ്ചിക്കണതും ഇതൊക്കെ എവിടെയാ നടക്കുന്നത് അയാളുടെ ചിത്രത്തിലാണ് ഹിംസിക്കണതും ദ്വേഷിക്കുന്നതും ഒക്കെ അയാളുടെ ചിത്രത്തിലാണ് നടക്കുന്നത് ഇനി പുതിയൊരു നരകത്തിലേക്കൊന്നും പോണ്ട ഒരു രാജാവ് ഒരു സ്വാമിയുടെ അടുത്ത് പോയി വാളെടുത്തിട്ട് വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിച്ചു നിങ്ങൾ പ്രസംഗിക്കുന്നു തെറ്റ് ചെയ്താൽ രാജാവാണെങ്കിൽ നരകത്തിൽ പോകുമെന്ന് പറയണു അങ്ങനെ നരകമെന്നൊന്നും ഉണ്ടെങ്കിൽ കാണിച്ചു തരുമോ എനിക്ക് കാണിച്ചു തരുമോ യു ആർ ഓൾറെഡി ഇപ്പൊ തന്നെ നരകത്തിലാണ് ഇരിക്കണത് ഇപ്പ ഈ വെറുപ്പ് ഈ ഈ അഹങ്കാരം ഉണ്ടല്ലോ ഇത് തന്നെ നരകം കാരണം പ്രസന്നതയില്ലല്ലോ ഇനിയിപ്പ മരിച്ചു കഴിഞ്ഞിട്ടുള്ള നരകത്തിലേക്ക് പോണ്ട ദർ ഹാവിങ് എ കംഫർട്ടബിൾ ലക്ഷൂറിയസ് ഹെൽത്ത് നമ്മളത് കാണണേ ഇല്ല അവര് കാറിൽ പോകണു അവര് വലിയ ബംഗ്ലാവ് കെട്ടിരിക്കണു അവര് വലിയ സ്ഥാനമാനങ്ങളിൽ ഇരിക്കണു സന്തോഷമായിട്ട് അവര് ചിരിക്കണതൊക്കെ കണ്ട് ഞങ്ങൾ നമ്മളെ പറ്റിക്കപ്പെടുകയാണ് അവരുടെ ഉള്ളിൽ വരുന്ന രാഗദ്വേഷവും സദാവുള്ള ഭീതിയും വെറുപ്പും അഭിമാനവും ഇത് തന്നെയാണ് നരകം സ്വർഗം എന്താ മനഃപ്രസാദം തന്നെയാണ് സ്വർഗം പ്രസന്നതയില്ലല്ലോ ശാന്തി അതുകൊണ്ട് മനസിനെ സ്വച്ഛതാപാദനം എന്ന് ആചാര്യസ്വാമി പറഞ്ഞു സ്വച്ഛമാക്കുക നിർമ്മലമാക്കുക എന്നുള്ളത് ആദ്യത്തെ സ്റ്റെപ്പ് തപസ്ലെ എങ്ങനെ സ്വച്ഛത ആക്ക അതിനൊരുപാട് വഴികൾ നമ്മൾ പറഞ്ഞു ആദ്യം കുപ്പ പുതിയ ഇൻവോൾവ്മെന്റിൽ പെടാതിരിക്കുക ഇനി ചളിയാക്കുന്ന സ്ഥലത്തേക്ക് പോവാതിരിക്കത്ര ഗത്ത് വിവേക ചൂടാമണിയില ആചാര്യസ്വാമി പറഞ്ഞു ഈ മനസ്സെന്ന് പറഞ്ഞ പുലിയുണ്ടല്ലോ വിഷയങ്ങളാവുന്ന കാട്ടിലേക്ക് വിട്ടാൽ പോയി പലതിനെയും പിടിച്ചു തിന്നും അതുകൊണ്ട് മനോനാമ മഹാവ്യാഘ്രഹാം വിഷയാരണ്യഭൂമിഷു ചരത്തി അത്രന ഗച്ഛന്തു സാധവോയെ മുമുക്ഷവ മുക്തിയെ ഇച്ഛിക്കുന്ന സാധുക്കൾ അതുകൊണ്ട് അത്തരം സ്ഥലങ്ങളിലേക്കൊന്നും കഴിയണതും പോവരുത് എന്നാണ് മനസ്സിനെ ചഞ്ചലപ്പെടുത്തുന്നതും വെറുപ്പുണ്ടാക്കുന്നതും ദ്വേഷം ഉണ്ടാക്കുന്നതും കാമക്രോധാദി വികാരങ്ങളെ ജനിപ്പിക്കുന്നതുമായ വിഷയങ്ങളുടെ സമ്പർക്കത്തിൽ കഴിയുന്നതും പോവാതിരിക്കുക അപ്പൊ തന്നെ പകുതി സ്വച്ഛമാവും പിന്നെ ഉള്ളിലുള്ള വാസനയാണ് പൂർവ്വ അനുഭവങ്ങളുടെ സംസ്കാരം വാസന അതുളളില് നമ്മൾ എവിടെയും പോയിട്ടില്ലെങ്കിലും വിഷമുണ്ടാക്കണോ അതിനെ എങ്ങനെ നീക്കും സത്സംഗം ഭഗവന്നാമ ജപം ജ്ഞാന വിചാരം കൊണ്ട് കാലത്തില് പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ അത് സ്വച്ഛമാവും നിർമ്മലമാവും തെളിഞ്ഞുവരും ഈ ചിത്ത മലത്തിനെ കഴുകിക്കളയുന്നത് തന്നെ തപസ് തൻ മനഃശോധനം കാര്യം പ്രയത്നേന മുമുക്ഷുണ വിശുദ്ധേ സതി ചെയ്ത കരഫലായതേ മനസ്സിനെ ശുദ്ധമാക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സാധിക്കേണ്ട കാര്യം മനസ്സിൽ പലതും തോന്നും പല വിധത്തിലെ തോന്നും ധ്യാനിക്കാനിരുന്ന അപ്പൊ എല്ലാം കൂടെ പൊന്തി വരും സ്വച്ഛമായ മനസ്സ് നിർമ്മലമാണ് ശാന്തമാണ് സത്സംഗത്തിന്റെ ഫലം അതാണ് തത്വം ആ മനഃപ്രസാദം തന്നെ തപസ് സൗമ്യത്വം സൗമനസ്യം ആഹു മുഖാദി പ്രസാദകാ അന്ത വൃത്തി സൗമ്യത്വം മുഖത്തില് ഒരു സൗമ്യ ഭാവം ചിലർക്ക് കാണും ശിഷ്യനെ തന്നെ ഗുരു വിളിക്കണത് ഹേ സൗമ്യ വെച്ച കുട്ടി നല്ല പ്രസന്നമായിട്ട് ഇരിക്കണം എപ്പോഴെന്നാണ് മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കരുത് വേദാന്ത വിചാരത്തിന് മനഃപ്രസാദം വന്നു കഴിഞ്ഞാൽ അടുത്തപടി സൗമ്യത്വം തെളിവ് ഒരു സന്തോഷം മൂഡ് ഓഫായിട്ടിരിക്കുകയാണെങ്കിൽ വിവേകാനന്ദ സ്വാമി പതഞ്ജലി യോഗസൂത്രം ടോക്കിൽ ഒരടുത്ത് പറഞ്ഞു നിങ്ങളുടെ മനസ്സിൽ ബോർ അടിക്കുക മൂഡ് ഓഫ് ആയിട്ടിരിക്കുക ഒക്കെ ആണെങ്കിൽ കീപ് യുവർ സെൽഫ് ലോക്ഡ് ഇൻ എ റൂം മുറിൽ പൂട്ടിയിരിക്കുക പുറത്ത് മുഖം കാണിക്കരുത് അത് കണ്ടേജിയസ് ഡിസീസാണെന്ന് നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കും അത് വരും അയ്യോ അവനെ കണ്ടു രാവിലെ മുതൽ അതോടെ എന്റെ മൂഡ് പോയിന്ന് പറയാൻ നമ്മുടെ മുഖം കാണിക്കരുത് ആർക്കും കണ്ടേജിയസ് ആണ് അല്ലേ പലതും പകരും നമ്മൾക്കിപ്പോ നോക്കുക സത്സംഗത്തിലിരുന്നാലേ സപ്താഹത്തിൽ ഒരുപാട് കാണും കുറെ കഴിയുമ്പോൾ കോട്ടുവായിടും ഒരാൾ കൊട്ടുവായി എടുത്താ അടുത്ത ആളിടും അടുത്ത ആളിടും അടുത്ത ആളിടും വലിയ ആയിട്ട് ഒരു വയർലെസ് കണക്ഷനാണ് അതുകൊണ്ട് ഈ പ്രസന്നത എന്ന് പറയുന്നതും കണ്ടേജിയസാണ് ഒരാൾ പ്രസന്നമായിട്ടിരുന്ന കണ്ടാൽ തന്നെ നമുക്കൊരു സന്തോഷം സൗമ്യഭാവം മനസ്സ് പ്രസന്നമാവുമ്പോ സൗമ്യഭാവം തനിയെ വരും മന മുഖത്തിലെ ഒരു പ്രസാദം ഒരു തെളിച്ചം ഒരു സത്വോദ്രേകം വരും അന്ധകരണത്തില് വൃത്തികള് പ്രബലമായ വിക്ഷിപ്തമായ വൃത്തികളില്ല മൗനം മനസ്സിന്റെ തപസ്സായിട്ടാണ് ആചാര്യസ്വാമി മൗനം പറയണത് ഭഗവാൻ മൗനത്തിന് പറയണത് വാക് സംയമം മാത്രമല്ല മൗനം മുനിയുടെ ഭാവമാണ് മൗനം പ്രസന്നമായ ചിത്തം സൗമ്യത്വം അതിന് തത്വജ്ഞാനമുള്ളിൽ ഉണ്ടെങ്കിൽ മനനം ചെയ്തുകൊണ്ടിരിക്കുന്ന ചിത്തം ചിത്തം പ്രസന്നമാവുമ്പോൾ തന്നെ മനനം ചെയ്യും മനനം ചെയ്യുന്ന മുനിയുടെ ഭാവമുണ്ടല്ലോ അതാണ് മൗനം അതിനൊരു ഭാവമുണ്ടല്ലുണ്ട് അത് ഡയറക്റ്റ് ആയിട്ട് ശാന്തിയെ കമ്മ്യൂണിക്കേറ്റ് വിനിമയം ചെയ്യും മൗനം വാങ് മൗനം നമ്മൾ വാക്കിന്റെ സ്ഥാനത്ത് തന്നെ പറഞ്ഞു യോഗ്യ പ്രഥമദ്വാരം വാങ് നിരോധോ അപരിഗ്രഹ നിരാശാ നിത്യമേകാന്തശീലത യോഗത്തിന്റെ മുഖ്യദ്വാരം വാങ് എന്ന് പറഞ്ഞു വിവേക ചൂടാമണിയിൽ വാക്കിനെ നിരോധിക്കുക അടക്കുക ഇവിടെ മൗനം എന്ന് പറയണത് മനസ്സ് പ്രസന്നമായി ഉള്ളിലെ സൗമ്യത്വം വന്നു മൗനം അനാവശ്യമായി വർത്തമാനം പറയണില്ലാന്ന് മാത്രല്ല വാക്കില്ലാതെ തന്നെ ഉള്ളിലുള്ള ഭാവം അപ്പൊ അടുത്തപടി നോക്ക് ഭാവസംശുദ്ധി വരണുണ്ട് ആ ഭാവത്തിനെ വിനിമയം ചെയ്യാനുള്ള ശക്തി ഇയാൾക്ക് ഉണ്ടാവും മുനിയുടെ സ്വഭാവാണ് പ്രകൃതിയാണ് അത് സത്യദർശിയായ മുനി എന്തെങ്കിലും പറഞ്ഞു തന്നെ അറിയിക്കണമെന്നില്ല ഹിസ് വെരി പ്രസൻസ് വിൽ ഡു ഇറ്റ് സന്നിധി തന്നെ ആ ഭാവത്തിനെ ഭാവപ്രചാരത്തിന് ചെയ്യും മൗനം ആത്മവിനിഗ്രഹ മനസ്സംയമത്തിനെ മൗനമെന്ന് പറഞ്ഞു മനോനിരോധ ആത്മവിനിഗ്രഹോ വാഗ്വിഷയ മൗനം ആത്മവിനിഗ്രഹ ബാഹ്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചിത്തവൃത്തികളൊക്കെ അന്തർമുഖമാക്കി മനസ്സിനെ പ്രസന്നമാക്കി വെറുപ്പ് മുതലായ ദ്വേഷ വികാരങ്ങളൊക്കെ കുതിക്കണതിനൊക്കെ ശമിപ്പിച്ച് സൗമ്യത്വം നേടി ഈ പ്രയോഗം ഉണ്ടല്ലോ വിഷയേഭ്യ പ്രതിസംഹൃത്യചേതസഹ ആത്മനി സമാധാനം അതാണ് ആത്മവിനിഗ്രഹം ഉള്ളിൽ അടക്കി നിർത്തുന്നു അതിന്റെയൊക്കെ ആഫ്റ്റർ ഇഫക്റ്റ് ആണ് ഭാവസംശുദ്ധി ഉള്ളില് ഒരു തെളിച്ചമരം ുള്ളില് ഒരു തെളിച്ചം വരും ആചാര്യസ്വാമി പറഞ്ഞു പരൈഹി വ്യവഹാരകാല അമായാവിത്വം ഭാവസംശുദ്ധി ലോകത്തിൽ മറ്റുള്ളവരുടെ കൂടെ വ്യവഹരിക്കുമ്പോ കാപ്പട്യം അല്പം പോലും ഇല്ല എന്ന് ഇത്ര ആയാലേ ഭാഗവതത്തില് പറയണ അകൈതവധർമ്മം ധർമ്മ പ്രോജിതകൈതവ പലപ്പോഴും വ്യവഹരിക്കുന്നതിലൊക്കെ നമ്മളുടെ സ്വാർത്ഥതയും കൂടെ ഉള്ളിൽ ചേരും ഭാവസംശുദ്ധി ഉണ്ടാവില്ല ഭാവം എന്ന് പറഞ്ഞാൽ തന്നെ ആത്മസാക്ഷാത്കാരം വരുന്നതിനു മുമ്പ് തന്നെ ചിത്തം ശുദ്ധമാകുമ്പോ മഹാവാക്യജന്യ ജ്ഞാനത്തിനു മുമ്പ് തന്നെ ഇയാൾക്ക് ആ ഭക്തി വരും അത് ഭാവം ഇപ്പൊ മീമാംസകർക്ക് തന്നെ ഭാവം എന്ന് പറഞ്ഞതിന് ഒരു അർത്ഥം പറഞ്ഞു ഭവത്തു ഭവനാനുകൂല വ്യാപാര വിശേഷ ആവാം പോണതിനെ കുറിച്ച് ഒരു ഒരു ഭാവന ഉണ്ട് വേദാന്തത്തിൽ അത് സമ്മതം പക്ഷെ തനിയെ വരുന്നതാണ് ചിത്തം ശുദ്ധമാകുമ്പോ യാതൊരു വിധത്തിലുള്ള മായയില്ല കളങ്കമില്ല സ്വാർത്ഥതയില്ല അത് മഹാതപസ്സിന്റെ ഫലമാണ് ആ നൈർമല്യം ഉണ്ടല്ലോ വ്യക്തിയിലുള്ള നൈർമല്യം എത്രയോ ജന്മങ്ങളിൽ ചെയ്ത തപസ്സിന്റെ ഫലമാണ് ആ സരളത അതാണ് സെയിൻറ്റ്ലിനെസ് എന്ന് പറയണത് ജ്ഞാനം പോലും ചില ആളുകളുടെ സന്നിധിയിൽ പോകുമ്പോത്തൊരു സുഖം ഒരു ആനന്ദം ഒരു സന്തോഷം അത് ഈ വാക്കിന്റെ എഫക്റ്റ് ഒന്നുമല്ല ഭാവസംശുദ്ധി ീപ് കോർല് അവിടെ ഹൃദയം എന്ന് നമ്മൾ പറയുന്നത് തന്നെയാണ് ഭാവസംശുദ്ധി അവിടെ ഒരുവിധ സ്വാർത്ഥതയുമില്ലെങ്കിൽ ഈ ഭാവസംശുദ്ധി വരുന്നു സ്വാർത്ഥത അല്പമെങ്കിലും ഉണ്ടെങ്കിൽ കളങ്കപ്പെട്ടു പോകും ആ ഭാവസംശുദ്ധിയും ഭാവസംശുദ്ധി വാസ്തവത്തിൽ പടിപ്പടി പറയാം മനഃപ്രസാദ സൗമ്യത്വം മൗനം ആത്മവിനിഗ്രഹ ആത്മവിനിഗ്രഹം ചെയ്ത് മൗനം സമ്പാദിച്ച് സൗമ്യത്വത്തിനെ നേടി മനഃപ്രസാദത്തിനെ നേടി അവസാന ഭാവസംശുദ്ധി ഭക്തി എന്ന് പറയുന്നത് ഭാവസംശുദ്ധിയാണ് ഭാവത്തിലാണല്ലോ ഭക്തി അനുഭൂതി എന്ന് പറയുന്നത് ഭാവസംശുദ്ധിയാണ് ഭഗവന്നാമം ജവിച്ചു ഭഗവാന്റെ രൂപത്തിനെ ധ്യാനിച്ചു നാമസങ്കീർത്തനം ചെയ്തു സത്കഥാശ്രവണം ചെയ്തു ത്യാഗം തപസ് വൈരാഗ്യം മുതലായ വിഷയങ്ങളെ അനുസന്ധാനം ചെയ്ത് അവസാനം ഉള്ളില് സ്ഫുടം ചെയ്തെടുത്ത സ്വർണ്ണം പോലെ ഒരു ഒരു തെളിച്ചം യഥാശ്യ പശ്യത്തെ രുക്മവർണ കർത്ത രമീശം പുരുഷം ബ്രഹ്മയോനി തഥാ വിദ്വാൻ പുണ്യ പാപേ വിധൂയ നിരഞ്ജനഃ പരമം സാമ്യമുപൈതി ഉപനിഷദ് പറഞ്ഞു എപ്പോഴാണോ പശ്യ പശ്യത്തെ രുക്വർണ്ണം പശ്യ ആ ഋഷി ആ ഋഷി സുവർണമയമായ ജ്യോതിർമയമായ ആത്മസത്യത്തിനെ അറിയണു കർത്താരമീശം ബ്രഹ്മയോനിം ആ പരമപുരുഷനെ ബ്രഹ്മയോനിയെ ഭഗവാനെ അറിഞ്ഞു തഥ അപ്പോ അങ്ങനെ വരുമ്പോ തഥാ പുണ്യപാപേയ പുണ്യത്തിനെയും പാപത്തിനെയും കഴുകി കളഞ്ഞിട്ട് നിരഞ്ജന ഒരു കളങ്കമില്ലാതായി പരമം സാമ്യമുപയത്തി അയാള് ആത്മാവിനോട് സാമ്യത്വം ഉണ്ടാവും ആത്മാവ് തന്നെ ആയിട്ട് തീരണു എന്നർത്ഥം ഇത്രയും പറഞ്ഞ് യഥോക്തം കായികം വാചികം മാനസം ച തപാ പ്തം നരൈഹി സത്വാദിഭേദന കഥം ത്രിവിധം ഭവതി ഇതി ഉച്ച ഈ മൂന്നും തപസ്സും പറഞ്ഞിട്ട് നീ തപസ് സത്വഗുണം രജോ ഗുണം തമോ ഗുണം എന്ന് മൂന്ന് വിധത്തിലായിട്ട് തീരും ഈ തപസ് ഇപ്പൊ വാചികം കായികം മാനസം എന്ന് പറഞ്ഞല്ലോ ഇത് തന്നെ ചിലപ്പോ സാത്വികമായിരിക്കാം ദേവദ്വജ ഗുരുപ്രാജ്ഞ പൂജനൊക്കെ ചിലപ്പോൾ രാജസമാവാം ചിലപ്പോ താമസമാവാം അപ്പൊ അതും വീണ്ടും ഭാവസംശുദ്ധി എന്ന് പറഞ്ഞല്ലോ ഈ ഭാവസംശുദ്ധി ഉണ്ടാവാൻ വേണ്ടി സാത്വികമായിട്ട് എങ്ങനെ ചെയ്യണം ഫലേക്ഷയില്ലാതെ എങ്ങനെ ചെയ്യണം അധ്യാത്മ എങ്ങനെ ചെയ്യണമെന്ന് ഭഗവാൻ അപാര കരുണയോട് തുടർന്ന് പറയണതാണ് നാളെ നാളെ നമ്മളിവിടെ നമ്മളുടെ ഈ ഗീതായജ്ഞം പൂർത്തി ചെയ്യാണ് ഈ വർഷത്തെ അടുത്ത വർഷം നമുക്ക് പതിനെട്ട് വർഷമായിട്ട് നടന്ന ഈ ഭഗവത്ഗീത ഇവിടെ സമാപിക്കാണ് പതിനെട്ട് അധ്യായങ്ങളും പറഞ്ഞ് തീർക്കുകയാണ് അവിടെ അതുകൊണ്ട് എല്ലാവരും കൂടെ ചേർന്ന് അതൊരു മഹോത്സവമായിട്ട് ഒരു തനീയജ്ഞമായിട്ട് ചെയ്യണം എത്ര ദിവസം വേണം എങ്ങനെ ചെയ്യണം എന്നൊന്നും നിശ്ചയിച്ചിട്ടില്ല എങ്കിലും പതിനെട്ട് വർഷമായിട്ട് ഇവിടെ ഗീത നടക്കണു പതിനെട്ട് വർഷമായിട്ട് കേൾക്കുന്നവരുമുണ്ട് ഇവിടെ അതുകൊണ്ട് ഈ പതിനെട്ടാമത്തെ അധ്യായം അടുത്ത വർഷം നമ്മളിവിടെ എന്തായാലും ഒരു ഉത്സവം പോലെ എന്ന് പറഞ്ഞാൽ ഒരു ബഹളം കൂട്ടാൻ വേണ്ടിയിട്ടല്ല ഈ ഗീതാശാസ്ത്രത്തിനോടുള്ള ഒരു ഭക്തി ആദരവ് കാണിക്കാൻ ്രന്ഥത്തിനെ എങ്ങനെ ആരാധിക്കണം അതിനുവേണ്ട ഒരു ബഹുമാനവും ഭക്തിയും നമ്മളുടെ സമ്പ്രദായത്തിൽ തന്നെ ഈ ഗ്രന്ഥത്തിനെ സരസ്വതിയെ ഏതു വിധത്തിൽ ആരാധിക്കണമോ ഇത് ഭഗവാന്റെ സാക്ഷാത് സ്വരൂപമായിട്ട് ആരാധിക്കണം പതിനെട്ട് വർഷമായിട്ട് ഭഗവാൻ ഈ രൂപത്തിൽ നമ്മളെ അടുത്ത് വർഷാവർഷം നമ്മള് അനുസന്ധാനം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അടുത്ത വർഷം അതിനെ സമർപ്പണം ചെയ്യുമ്പോൾ എങ്ങനെ അതിനു വേണ്ട ഗൗരവത്തോടുകൂടെ ഗാംഭീര്യത്തോടുകൂടെ ചെയ്യണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അത് പിന്നീട് അടുത്ത വർഷം വരുമ്പോൾ നിങ്ങൾക്ക് വരും അപ്പൊ നമ്മൾ കാണാം തുടർന്ന് നാളെ വൈകുന്നേരം ഇതേപോലെ ഈ യജ്ഞം അരുണാഹാച അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാ ചല തോ നമചി അതിഥാഷ്ടുരുമാത്മനാഥം ഗമനം